ധ്യായം പതിനെട്ട് ദൈവം മോശയ്ക്കും തന്റെ ജനമായ ഇസ്രയേലിനും വേണ്ടി ചെയ്തതൊക്കെയും യഹോവ ഇസ്രയേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതും മിഥ്യാനിലെ പുരോഹിതനായി മോശയുടെ അമ്മായിപ്പനായ ഇത്രോ കേട്ടു അപ്പോൾ മോശയുടെ അമ്മായിപ്പനായ ഇത്രോ മോശ മടക്കി അയച്ചിരുന്ന അവന്റെ ഭാര്യ സിപ്പോറയെയും അവളുടെ രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു ഞാൻ അന്യദേശത്ത് പരദേശിയായി എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് അവരിൽ ഒരുത്തന് ഖർഷോം എന്നു പേർ എന്റെ പിതാവിന്റെ ദൈവം എനിക്ക് തുണയായി എന്നെ പറവോന്റെ വാളിങ്കൽ നിന്ന് രക്ഷിച്ചു എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് മറ്റവന് എലിയേസർ എന്നുപേർ എന്നാൽ മോശയുടെ അമ്മായിയപ്പനായ ഇത്രോ അവന്റെ പുത്രന്മാരോടും അവന്റെ ഭാര്യയോടും കൂടെ മോശ പാളയമിറങ്ങിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിന്റെ പർവ്വത അവന്റെ അടുക്കൽ വന്നു നിന്റെ അമ്മായിപ്പൻ ഇത്രോ എന്ന ഞാനും നിന്റെ ഭാര്യയും രണ്ടു പുത്രന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അവൻ മോശയോട് പറയിച്ചു മോശ തന്റെ അമ്മായിയപ്പനെ എതിരേൽപ്പാൻ ചെന്ന് വണങ്ങി അവനെ ചുംബിച്ചു അവർ തമ്മിൽ കുശലപ്രശ്നം ചെയ്തു കൂടാരത്തിൽ വന്നു മോശ തന്റെ അമ്മായിയപ്പനോട് യഹോവ ഇസ്രയേലിനുവേണ്ടി പറവോനോടും മിസ്രൈമ്യരോടും ചെയ്തതൊക്കെയും വഴിയിൽ തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷിച്ച പ്രകാരവും വിവരിച്ചു പറഞ്ഞു യഹോവ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് ഇസ്രയേലിനെ വിടുവിച്ചതിനാൽ അവർക്കു ചെയ്ത എല്ലാ നന്മ നിമിത്തവും ഇത്രോ സന്തോഷിച്ചു ഇത്രോ പറഞ്ഞതെന്തെന്നാൽ നിങ്ങളെ മിശ്രൈമരുടെ കയ്യിൽ നിന്നും പറവന്റെ കൈയിൽ നിന്നും രക്ഷിച്ച് മിശ്രൈമരുടെ കൈക്കീഴിൽ നിന്ന് ജനത്തെ വിടുവിച്ചിരിക്കുന്ന യഹോവ സ്തുതിക്കപ്പെടുവാറാകട്ടെ യഹോവ സകല ദേവന്മാരിലും വലിയവനെന്ന് ഞാനിപ്പോൾ അറിയുന്നു അതേ ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ മോശയുടെ അമ്മായിയപ്പനായ ഇത്രോ ദൈവത്തിന് ഹോമവും ഹനനയാകവും കഴിച്ചു അഹരോനും ഇസ്രയേൽ മൂപ്പന്മാരെല്ലാവരും വന്ന് മോശയുടെ അമ്മായിയപ്പനോടു കൂടെ ദൈവസന്നധിയിൽ ഭക്ഷണം കഴിച്ചു പിറ്റേനാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാൻ ഇരുന്നു ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു അവൻ ജനത്തിനുവേണ്ടി ചെയ്യുന്നതൊക്കെയും മോശയുടെ അമ്മായിയപ്പൻ കണ്ടപ്പോൾ നീ ജനത്തിനുവേണ്ടി ചെയ്യുന്ന ഈ കാര്യമെന്ത് നീ ഏകനായി വിസ്തരിപ്പാൻ ഇരിക്കെയും ജനമൊക്കെയും തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്നവൻ ചോദിച്ചു മോശ തന്റെ അമ്മായിപ്പനോട് ദൈവത്തോട് ചോദിപ്പാൻ ജനമെന്റെ അടുക്കൽ വരുന്നു അവർക്ക് ഒരു കാര്യമുണ്ടാകുമ്പോൾ അവർ എന്റെ എടുക്കൽ വരും അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിന് മോശയുടെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞത് നീ ചെയ്യുന്ന കാര്യം നന്നല്ല നീയും നിന്നോടു കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല ആകയാൽ എന്റെ വാക്കുകേൾക്കാം ഞാൻ ഒരാലോചന പറഞ്ഞു തരാം ദൈവം നിന്നോടുകൂടെ ഇരിക്കും നീ ജനത്തിനുവേണ്ടി ദൈവസന്നധിയിൽ ഇരിക്കാം നീ കാര്യങ്ങളെ ദൈവസന്നധിയിൽ കൊണ്ടുചെല്ലുക അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാൻമാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിമാരായും നൂറുപേർക്ക് അധിപതിമാരായും അൻപത് പേർക്ക് അധിപതിമാരായും പത്തു പേർക്ക് അധിപതിമാരായും നിയമിക്കാം അവർ എല്ലാ ന്യായം വിധിക്കട്ടെ വലിയ കാര്യമൊക്കെയും അവർ നിന്റെ എടുക്കൽ കൊണ്ടുവരട്ടെ ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ ഇങ്ങനെ അവർ നിന്നോടു കൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയുമേ നീ ഈ കാര്യം ചെയ്യുകയും ദൈവമത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പുറക്ക ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകയുമാകാം മോശ തന്റെ അമ്മായിയപ്പന്റെ വാക്ക് കേട്ടു അവൻ പറഞ്ഞതുപോലെയൊക്കെയും ചെയ്തു മോശ എല്ലാ ഇസ്രയേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തെരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിമാരായും നൂറുപേർക്ക് അധിപതിമാരായും അമ്പത് പേർക്ക് അധിപതിമാരായും പത്തു പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചുവന്നു വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും അതിന്റെ ശേഷം മോശ തന്റെ അമ്മായിയപ്പനെ യാത്രയച്ചു അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി